ം പതിനാല് ഇസ്രയേൽ രാജാവായ യഹോവാഹാസിന്റെ മകനായ യോവാശിന്റെ രണ്ടാമണ്ടിൽ യഹൂദാ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ യെരുഷലേമിൽ ഇരുപത്തൊമ്പത് സംവത്സരം വാണു യെരുശലേം കരുത്തിയായ അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്നു പേർ അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ പിതാവായ ദാവീതെന്ന പോലെ അല്ലതാനും തന്റെ അപ്പനായ യോവാശ് ചെയ്തതുപോലെ ഒക്കെയും അവൻ ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു രാജത്വം അവന് സ്ഥിരമായപ്പോൾ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന ഭൃത്യന്മാരെ അവൻ കൊന്നുകളഞ്ഞു എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത് താൻ താന്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് യഹോവ കൽപ്പിച്ചതായി മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ആ കുലപാതകന്മാരുടെ മക്കളെ കൊല്ലാതിരുന്നു അവൻ ഉപ്പു താഴ്വരയിൽ വെച്ച് ഏതോ മേരിൽ പേരെ കൊന്നു സേലയെ യുദ്ധം ചെയ്തു പിടിച്ച് അതിന് യോക്തേയൽ എന്ന് പേർ വിളിച്ചു അത് ഇന്നുവരെയും പറഞ്ഞുവരുന്നു ആ കാലത്ത് അമസ്യാവ് യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് എന്ന ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു വരിക നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു അതിന് ഇസ്രായേൽ രാജാവായ് യഹൂദ രാജാവായ അമസ്യാവിന് മറുപടി പറഞ്ഞയച്ചത് ലബാനോനിലെ മുൾപ്പടർപ്പ് ലബാനോനിലെ ദേവദാരുവോട് നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരിക എന്നാളയച്ച് പറയിച്ചു എന്നാൽ ലബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നുപോകേ മുൾപടപ്പിനെ ചവിട്ടിക്കളഞ്ഞു ഏതോമിനെ തോൽപ്പിച്ചതുകൊണ്ട് നീ നികളിച്ചിരിക്കുന്നു പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ ഇരുന്നു കൊഴുക നിന്നോടുകൂടെ യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്തിന് എന്നാൽ അമസ്യാവോ കേട്ടില്ല ആകയാൽ ഇസ്രയേൽ രാജാവായ യഹോവാസ് പുറപ്പെട്ടു ചെന്നു യഹൂദയ്ക്കുള്ള ബെസ്മേഷിൽ വെച്ച് അവനും യഹൂദ രാജാവായ അമസിയാവോ തമ്മിൽ യഹൂദ ഇസ്രയേലിനോട് തോറ്റു ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി അഹസ്യാവിന്റെ മകനായ യഹോവാസിന്റെ മകൻ അമസ്യാവ് എന്ന യഹൂദ രാജാവിനെ ഇസ്രയേൽ രാജാവായ യഹോവാസ് ബെസ്സെമേസിൽ വെച്ച് പിടിച്ചിട്ട് യരുഷലേമിലേക്ക് വന്നു യെരുഷലേമിന്റെ മതിൽ യഫ്രയിം പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ നാനൂറ് മുഴം ഇടിച്ചു അവൻ യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ണാരത്തിലും കണ്ട പൊന്നും വെള്ളിയുമൊക്കെയും സകല ഉപകരണങ്ങളും എടുത്ത് ജാമ്യക്കാരിയും പിടിച്ചുകൊണ്ട് ശമരിയിലേക്ക് മടങ്ങിപ്പോയി യഹോവാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധം ചെയ്തതും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ പിന്നെ യഹോവാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ശമരിയയിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു അവന്റെ മകനായ യോരോബ അവന് പകരം രാജാവായി ഇസ്രയേൽ രാജാവായ യഹോവാഹസിന്റെ മകനായ യെഹോവാഷിന്റെ മരണശേഷം യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു അമ്മസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യെരിശിലേമിൽ അവന് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ അവന്റെ പിന്നാലെ ലാഖീഷിലേക്ക് ആളയച്ച് അവിടെ വച്ച് അവനെ കൊന്നുകളഞ്ഞു അവനെ കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുവന്ന് യെരിശിലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു യഹൂദ ജനമൊക്കെയും പതിനാറ് വയസ്സ് പ്രായമുള്ള അസരിയാവെ കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമ്മസ്യാവിന് പകരം രാജാവാക്കി രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലത്ത് പണിതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമ്മസ്യാവിന്റെ പതിനഞ്ചാം ആണ്ടിൽ ഇസ്രയേൽ രാജാവായ യോവാശിന്റെ മകൻ യോരോബയാ രാജാവായി ഷമരിയിൽ നാൽപ്പത്തൊന്ന് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല ഗത് ഹേഫർക്കാരനായ അമിത്ഥായുടെ മകനായ യോന പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തിരം ഇസ്രയേലിന്റെ ദൈവമായ ഹോവ അരുളിച്ചെയ്ത അവൻ ഹമാതിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രയേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി ഇസ്രയേലിന്റെ കഷ്ടത എത്രയും കഠിനം സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല ഇസ്രയേലിന് സഹായം എന്ന് യഹോവ കണ്ടിട്ട് ഇസ്രയേലിന്റെ പേർ ആകാശത്തിൻ കീഴിൽ നിന്ന് മായിച്ചു കളയുമെന്ന് യഹോവ അരുളി യോവാച്ചിന്റെ മകനായ യോരോബയാം മുഖാന്തരം അവരെ രക്ഷിച്ചു യോരോബയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്തതും യഹൂദയ്ക്കുണ്ടായിരുന്ന ദമ്മശക്കും ഹമായേലിന് വീണ്ടുകൊണ്ടതിൽ അവൻ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഇസ്രയേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവന്റെ മകനായ സെഖരിയാവൂർ അവനു പകരം രാജാവായി